അപ്പൊ യജ്ഞത്തിൽ വളരെ പ്രധാനമായ ഒരു അംശം ബ്രാഹ്മണ ഭോജനം അതുകൊണ്ട് ശങ്കരാചാര്യർ ബ്രാഹ്മണേഭ്യോ ന സൃഷ്ടം നദത്തം അന്നം യസ്മിൻ യജ്ഞ അപ്പൊ അവർക്ക് അന്നം കൊടുക്കണം വിശപ്പ് മാറ്റണം ബാക്കി എന്തു കൊടുത്താലും ഒരിക്കൽ തിരുവണ്ണാമലെ ഗിരിപ്രദക്ഷിണത്തിന് ഒരാള് ഒരു പണക്കാരൻ ഒരു ബിസിനസ്മാൻ അദ്ദേഹം തീരുമാനിച്ചു ഇവിടെ ഉള്ള സ്വാമിമാർ ഭിക്ഷാന്ഹികൾ തിരുവണ്ണാമിലെ പൊതുവെ ആണ്ടികൾ അപ്പൊഴക്കംസ്കൃതത്തിലെ സ്വാമി പത്രത്തി തമിഴ ആണ്ടാമി അക്കാ സ്വയം തന്നെയേ ആളക്കൂടിന അർത്ഥം ോമി തേശൻ ആണ്ടി അഥൻ അപ്പഴി ആണ്ടി അത ആണ്ടിതാ അങ് സാധുക്കൾക്കെല്ലാം വസ്ത്രം കൊടുത്താറ് അടുത്ത് വസ്ത്രമോ ഒരു പണം അപ്പൊ ഒരു അവധൂതർ അങ്ങ് രൊ നാളായിരുന്നാർ അവർ ഇപ്പൊ ഇല്ല അവർ മുന്നാടി പോയിട്ടേ സ്വാമി മുമ്പിൽ നടന്നു പോവും അധികം മിണ്ടൽ മൗനമാണത് ഞാനും ഈ കൊടുത്തോണ്ടിരിക്കുന്ന ആളുടെ പുറകെ ഞാനും നടക്കണുണ്ട് അപ്പൊ ആ സ്വാമി എന്റെ അടുത്ത് പറഞ്ഞു മൗനത്തില് പറയാം ൊന്നും വും ചാടും വവും പണവും ഒന്നും കൊടുക്കരുത് ചാപ്പാട് കൊടുക്കാൻ പറയൂ എന്താണെന്ന് വെച്ചാൽ അത് ആരുടെങ്കിലും ഒക്കെ വയറിൽ നിശ്ചയായിട്ട് പോവും ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല എന്നുള്ള മെട്ടിലാണ് ചിലപ്പോ വേറെ എന്തെങ്കിലും ദുരുപയോഗപ്പെടും ദുരുപയോഗപ്പെടാത്തൊരു സാധനം ഈ ഭക്ഷണമാണ് അതാരാണെങ്കിലും കഴിക്കുമല്ലോ ചുവട്ടിലിട്ടാ പോലും മണ്ണിലിട്ടാ പോലും ഉറുമ്പോ അതിലുള്ള എന്തെങ്കിലും പ്രാണികൾ തിന്നിട്ട് പോകും വേസ്റ്റ് ആവില്ല അതുകൊണ്ട് യാഗത്തില് യജ്ഞത്തില് വളരെ മുഖ്യമായിട്ടുള്ള കാര്യം യജ്ഞം ഫസ്റ്റ് ഓഫ് ഓൾ ശാസ്ത്രവിഹിതമായ രീതിയില് യഥാചോദിതമായ രീതിയില് ചെയ്യണം രണ്ട് അന്നം കൊടുക്കണം അങ്ങനെ അന്നം കൊടുത്തിട്ടില്ല നച്ചികേദസിന്റെ അച്ഛൻ യജ്ഞം ചെയ്തു ഉപനിഷത്ത് പറഞ്ഞു പീതോദക ജഗ്ധത്രിണാ ദുഗ്ധോഹ നിരിയാ ദാനമാണ് അത് അടുത്ത വിഷയത്തിൽ ജീവനില്ലാത്ത പശുക്കളെയൊക്കെ കൊടുത്തു ജീവിക്കാൻ ഇനിയും അധികവും ജീവിക്കില്ല അങ്ങനെയുള്ള പശുവിനെയൊക്കെ കൊടുത്തു അന്നം കൊടുത്തില്ല അപ്പോഴാണ് നജികേതസ്സിന് ശ്രദ്ധ എന്ന് അച്ഛനോട് ചോദിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത് അതുപോലെ ഇവിടെ അന്നം കൊടുത്തില്ല മന്ത്രഹീനം മന്ത്രമില്ലാത്ത മന്ത്രതഹ സ്വരത വർണ്ണതാ ചിയുക്തം മന്ത്രഹീനം ഇനിയിപ്പോ മന്ത്രം ചൊല്ലിയാലും ആ മന്ത്രത്തിൽ സ്വരവുമില്ല വർണ്ണവുമില്ല വേണ്ട വിധത്തിലല്ല മന്ത്രഹീനം അതിന് ദക്ഷിണ കൊടുക്ക വേദത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ദക്ഷിണ എന്ന് പറയുന്നത് ബ്രാഹ്മണന് ദക്ഷിണ അത് വേദം വിതച്ചിട്ടുള്ള കാര്യമാണ് ദക്ഷിണ എങ്ങനെയാ കൊടുക്കാന്ന് വെച്ചാൽ ദാനം കൊടുത്തിട്ട് ദക്ഷിണ കൊടുക്കും എന്തിനാന്ന് വെച്ചാൽ ദാനം വാങ്ങിച്ചുവല്ലോ അതിന് ദക്ഷിണ ദക്ഷിണയും കൊടുത്തില്ല മന്ത്രഹീനം അദക്ഷിണം ഇനിയിപ്പൊ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലരൊക്കെ ചെയ്തു വരും ചിലപ്പോ ദക്ഷിണ കൊടുത്തു മന്ത്രം ജൊലി കൊടുത്തു ഒക്കെ ചെയ്താലും ശ്രദ്ധാവിരഹിതം ഈ വാങ്ങിക്കാൻ വരണ ബ്രാഹ്മണരോട് ഇവരൊക്കെ വെറുതെ പണം കിട്ടാൻ വേണ്ടി വരണതാ അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ വേണ്ടി വരണതാ അല്ലെങ്കിൽ ഈ ചെയ്തതിലൊന്നും കാര്യമില്ല എന്ന് ശ്രദ്ധാവിരഹിതം അതിലൊരു ശ്രദ്ധയില്ല ഒരു ആദരവില്ല ചെയ്തത് മുഴുവൻ ചെയ്യുകയും ചെയ്തിട്ട് അവസാനം കഞ്ഞിവെള്ളത്തിൽ കൈമുക്കുക എന്ന് പറയില്ലേ അതുപോലെ ചെയ്യണതൊക്കെ ചെയ്തിട്ട് വേണ്ടാതെ യുക്തി ചിന്ത അതിനകത്തേക്ക് കൊണ്ടുവരും ഏത് കർമ്മത്തിനെയും ഭഗവത് ആരാധനയാക്കി ചെയ്യാം എന്നാണ് ഗീത ഏകനാഥസ്വാമി ഭാഗവതത്തിൽ പറഞ്ഞു വീടൊക്കെ അടിച്ചുതെളിച്ച് ഭഗവൻ ജപിച്ചുകൊണ്ട് ആ കുപ്പയൊക്കെ കൊണ്ടുപോയി ഒരു വശത്ത് കൊണ്ടുപോയി നാരായണാർപ്പണം വന്നിട്ടാൽ ആരാധനയാവും അതുപോലും ചെയ്യാമെന്ന് പറയുമ്പോ വിശിഷ്ടമായ ആരാധനയായിട്ടുള്ള യജ്ഞത്തിന് ശ്രദ്ധയില്ലാതെ ചെയ്താൽ അത് വിപരീത ഫലത്തിൽ കൊണ്ടാക്കും അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്താൽ പോലും ശ്രദ്ധാവിരഹിതം ശ്രദ്ധയില്ലാതെ അനാദരവ് കാണിച്ചു അല്ലെ ദക്ഷൻ യജ്ഞം ചെയ്തു ദമ്പത്തിന് ശിവന് ആവിർഭാഗം കൊടുക്കാതെ ഞാൻ ഒരാൾ മാത്രമാണ് യാഗം ചെയ്യണത് കാണിക്കാൻ വേണ്ടി യാഗം ചെയ്തു ശിവനെ ആഹ്വാനം ചെയ്യാതെ യജ്ഞം ചെയ്തു തന്റെ വലുപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് യാജ്ഞം ചെയ്തു അവസാനം എന്തായി കർത്താവിനശതി യജ്ഞം അവസാനിക്കുമ്പോൾ യജ്ഞ പശുവിനെ ഹോമിക്കല്ല യജമാനന്റെ തല അഗ്നിയിൽ വീണു ശ്രദ്ധാവിരഹിതം യജ്ഞം അതിൽ ശ്രദ്ധയില്ല അങ്ങനെയുള്ള യജ്ഞത്തിന് താമസം പരിചക്ഷത്തെ അത് താമസം തമോമയമായ യജ്ഞം ഒരു കർമ്മം ചെയ്യുമ്പോ അതിലെ എന്ത് ഓർഡർ ഉണ്ടോ ഡിസിപ്ലിൻ ഉണ്ടോ അതില്ല ആ കർമ്മത്തിന്റെ ഫലമായിട്ട് ചിലർക്കൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും ആ ബെനിഫിറ്റ്സും കൊടുത്തില്ല അതാണ് അന്നം എന്ന് പറഞ്ഞത് ആ കർമ്മം ചെയ്യുമ്പോ എന്ത് ഭാവം ഉണ്ടാവണോ അതില്ല അതാണ് മന്ത്രഹീനം നമുക്ക് ഉപകാരം ചെയ്യണ ആൾക്ക് ഈ ദാനം വാങ്ങിക്കണവൻ മന്ത്രം ചൊല്ലണവൻ അവന് ശേദം വിധിച്ചിട്ടുള്ളതാണ് ദക്ഷിണം അതൊരു വലിയ കാര്യം വേദമന്ത്രം തന്നെ പറയണത് അഗ്നിയിൽ ഒരു പാപ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു അരബിന്ദുവിന്റെ സീക്രട്ട് ഓഫ് വേദാസ് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ വിസ്താരമായിട്ട് അഗ്നിയിൽ ഒരു പാപ ഉണ്ടായിരുന്നു ആ പാപത്തിനെ ആഹുതി അർപ്പിച്ചപ്പോ ആഹുതിയിലേക്ക് പോയി ആഹുതി അർപ്പിച്ചപ്പോ അതിൽ പോയി അതിനെ എടുത്തിട്ട് ദക്ഷിണയിൽ വെച്ചു ദക്ഷിണയിൽ വെച്ചിട്ട് അപ്പൊ ദക്ഷിണയിലേക്ക് പോയി എന്നിട്ട് ബ്രാഹ്മണന് കൊടുത്തു ബ്രാഹ്മണിലേക്ക് പോയി ബ്രാഹ്മണൻ ബ്രഹ്മവിചാരം ചെയ്ത് ആ പാപത്തിനെ ദഹനം ചെയ്തു എന്ന് പറഞ്ഞ് വേദത്തിൽ ഒരു മന്ത്രം വരും ഈ പ്ലാസ്റ്റിക് പോലെ അവസാനം എന്തായാലും ഒരു എലമെന്റ് ബാക്കി നിൽക്കുക ഒരു പാപ ഉണ്ടായിരുന്നു ആ പാപത്തിനെ നീക്കാൻ നോക്കുകയാണ് ഇത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് ശരിക്കും എന്ത് ചെയ്താലും ഒരു ദോഷം ബാക്കി നിൽക്കും ആ ദോഷത്തിനെ ഇവിടെ കൊടുത്തു തീർക്കാൻ പറ്റുമോ അവിടെ കൊടുത്തു തീർക്കാൻ പറ്റുമോ ഇങ്ങനെ അവസാന ജ്ഞാനം കൊണ്ടാണ് അതിനെ നിവർത്തിപ്പിക്കുന്നത് ബ്രഹ്മജ്ഞാനം കൊണ്ട് അതിനെ ദഹിപ്പിച്ച് കളയുക അതിനെ പറയാനായിട്ട് വേദം ഒരു മന്ത്രം വിസ്തരിച്ച് പറഞ്ഞു അപ്പൊ അതിൽ പറയും ഈ ദക്ഷിണ എന്തിനാന്ന് വെച്ചാ ദക്ഷിണ എന്തിനാ കൊടുക്കണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുത്താൽ നമ്മൾ വിചാരിക്കണം അത് തന്നെ വലിയൊരു ബെനിഫിറ്റ് ആണെന്നാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു വിശക്കണ ആൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ തന്നെ എനിക്കൊരു ഗൗരവം വന്നു കണ്ടില്ലേ അയാൾ വിശന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഭക്ഷണം കൊടുത്തില്ലേ ഞാൻ അന്നദാതാവായിട്ട് തീർന്നില്ലേ എന്ന് അപ്പൊ അങ്ങനെ ദക്ഷിണ എന്ന് തന്നെ പറയും എന്തിനാന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഈശ്വരൻ മുമ്പിൽ വന്നിരുന്നു അല്ലോ രൂപനായ ഭഗവാൻ മുമ്പിൽ വന്നിരുന്ന് ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോ സ്വീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞ് ഒരു താങ്ക്സ് ഗിവിംഗ് കൊടുക്കണ ആള് കൊടുക്കണതാണ് ഈ ദക്ഷിണ നമ്മളെങ്ങനെയാ ഭക്ഷണം കഴിച്ച അങ്ങോട്ട് പൈസ കൊടുക്കും അല്ലേ വിക്രയമാണത് അത് അന്നത്തിനെ വിറ്റു അന്നം വാങ്ങിക്കഴിച്ചു അങ്ങോട്ട് പൈസ കൊടുത്തു ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നം കൊടുത്ത ആള് ഭക്ഷിച്ച ആൾക്ക് ഞാൻ അന്നം കൊടുത്തപ്പോൾ സ്വീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞ ഒരു ടോക്കൺ എമൗണ്ട് ഇപ്പൊ പോലും ഊണ് കഴിക്കുന്ന സ്ഥലത്ത് ഒരു രൂപ അവിടെ വയ്ക്കും ഒരു രൂപ കൊണ്ടൊന്നും ആവാനല്ല പക്ഷെ ഒരു ഭാവാണ് എന്താ ഭാവം വെച്ചാൽ അന്ന് തിന്നിട്ട് പോ എന്നല്ല കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വന്നല്ല രമണാശ്രമത്തിൽ ഇപ്പോഴും പഴക്കണ്ട് കുറെ ഒക്കെ നിയമനം ചെയ്യേണ്ടി വരും ആളുകൾ ഭക്ഷണം കഴിക്കണവര് ഇവരൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ ഊണ് കഴിക്കാൻ വരണവരെ നമസ്കരിച്ച ഉള്ളിൽ കൂട്ടി കൊണ്ടുപോകാം അവര് ഭക്ഷണം കഴിക്കുമ്പോ ഈശ്വരനാണ് ഓരോ രൂപത്തിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് അതിഥിക്ക് തോന്നണം എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് സന്തോഷം സന്തോഷത്തോടുകൂടെ രൂപ കൊടുക്കാം ഇങ്ങനെ ദക്ഷിണ അതുപോലെ എന്ത് ദാനം കൊടുത്താൽ അതിന്റെ കൂടെ ദക്ഷിണ ഭാഗവതത്തിൽ പറഞ്ഞു ദക്ഷിണ എന്താ ഏകാദശത്തിൽ ദക്ഷിണ ജ്ഞാന സന്ദേശ്ഞാനസന്ദേശം തന്നെ ദക്ഷിണ അപ്പൊ ഇവിടെ ഒരു യജ്ഞത്തിലെ വിധിയുണ്ടാവണം അന്നദാനം ഉണ്ടാവണം മന്ത്ര ഉണ്ടാവണം ദക്ഷിണ ഉണ്ടാവണം ഇതിനൊക്കെ പുറകില് ശ്രദ്ധ ഉണ്ടാവണം ഈ അഞ്ചും ഇല്ലെങ്കിൽ താമസം താമസം പരിചക്ഷതേ ഒരു കർമ്മത്തിന് കംപ്ലീഷൻ നമ്മളുടെ സ്വാർത്ഥ അതിൽ ഒട്ടും ഇല്ലാതെ ഒരു കർമ്മത്തിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട് ഒരു സന്തോഷമുണ്ട് അതൊരിക്കലും ഈ കർമ്മത്തിൽ പിച്ചകാരണമായിട്ടിരുന്ന് കർമ്മം ചെയ്താൽ ശരിയാവില്ല ഇത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ത് തരും ഇവിടെ എന്ത് കിട്ടും ഈ നായ കാണിക്കുമല്ലോ ഏത് വീട്ടിൽ ഭക്ഷണം കിട്ടുന്ന അവിടെ എങ്ങനെ ചുറ്റിപ്പറ്റി നിക്കല്ലോ ഇതേപോലെയാണ് നമ്മളും വലിയ വ്യത്യാസമൊന്നുമില്ല എവിടെ കിട്ടും എവിടെ കിട്ടും എന്ത് കിട്ടും എത്ര കിട്ടും ഇതിൽ തന്നെ മനസ്സ് മനസ്സിലൊരു പിച്ചപാത്രണ്ട് ഒരു ഭിക്ഷാപാത്രം ആ ഭിക്ഷാപാത്രമാണ് കളയേണ്ടതെന്ന് ഗൗരവമായിട്ട് ഒരേ ഒരു സാധനം ചോദിക്കാം എന്ന് ശാസ്ത്രം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വിശക്കനുണ്ടോ പോയിട്ട് എവിടെ വേണമെങ്കിൽ പോയി ചോദിക്കും ഭിക്ഷാം ദേഹി അത് പിച്ചയല്ല നമ്മൾ അതിനെയാണ് പിച്ച എന്ന് പറയുന്നത് അതിലെല്ലാവർക്കും അധികാരമുണ്ട് വിശക്കനുണ്ടോ പോയിട്ട് ഭിക്ഷാം ദേഹി ചോദിക്കും ബ്രാഹ്മണന് അധികാരം ശാസ്ത്രം സന്യാസിയാണ് ഭിക്ഷാന്തേഹി നമ്മളിപ്പോ ചെയ്യണത് പക്ഷെ പണ്ട് സന്യാസിന്ന് പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി ഒന്നും ഇല്ല വേദകാലത്തിൽ ബ്രാഹ്മണനെ ഉള്ളു അപ്പൊ ബ്രാഹ്മണന് വേറെ ഒന്നും വഴിയില്ല യജനം യാചനം ഒക്കെ ഇയാളുടെ ജോലി ആയതുകൊണ്ട് വിശപ്പുണ്ടോ ഭിക്ഷാന്തി അത് ഗൗരവമായ കർമ്മം ഭഗവാൻ രമണഭഗവാൻ പറയും അരുണാചലത്തില് ഭിക്ഷ എടുക്കുമ്പോൾ ഞാൻ ചക്രവർത്തിയാണെന്ന് തോന്നിയിരുന്നെന്ന് അതാണ് ഭാവം വേറെ ഒന്നും ആവശ്യമില്ലേ കൈ കിട്ടിയ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തുടച്ചിട്ട് ഭക്ഷണം കൊണ്ട് തൃപ്തി അതുകൊണ്ട് അന്നം മന്ത്രസഹിതം ശ്രദ്ധയോടെ ഇപ്പൊ ഇതിനൊക്കെ ഓപ്പോസിറ്റ് തിരിച്ചിട്ടാ മതി യജ്ഞം സാത്വികമായി വിധിയോടെ അന്നദാനത്തോടെ മന്ത്രത്തോടെ ദക്ഷിണയോടെ ശ്രദ്ധയോടെ ചെയ്യപ്പെടുന്നത് യജ്ഞം അങ്ങനെ അല്ലാതെ ചെയ്താൽ തമോമയമായ യജ്ഞം ഇത്രയും പറഞ്ഞ് ഇപ്പൊ എന്തായി ആഹാരം എന്നുള്ളത് ഭഗവാൻ ഫസ്റ്റ് പറഞ്ഞു സെക്കൻഡ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കർമ്മ അതിനെ യജ്ഞമാക്കാം അത് പറഞ്ഞു മൂന്നാമത്തത് ഭഗവാൻ പറയാൻ പോണതിപ്പോ തപസ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് തപസ് തപോ ബ്രഹ്മേ തീ തപസ് ബ്രഹ്മജിജ്ഞാസസ്വ ശ്രുതി പറഞ്ഞു ബ്രഹ്മത്തിനെ അറിയണമെങ്കിൽ തപസ് ചെയ്യൂ തപസ് തന്നെയാണ് ബ്രഹ്മം തപസ് എന്ന് വച്ചാൽ എന്താ മനസ് ഇന്ദ്രിയണം ഐകാഗ്രം പരമം തപ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രപ്പെടുത്തി ഭഗവത് ധ്യാനം ചെയ്യണതോ ഭഗവന്നാമ ജപം ചെയ്യണതോ ഒക്കെ തപസ്സാണ് ജീവിതത്തിന് സമഗ്രമായി തപ എന്നുള്ള വാക്ക് തിരിച്ചിട്ടാൽ എന്താ പഥ അല്ലെ പതനം വീണിരിക്കുക നമ്മൾ പതിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്തൊക്കെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവോ അതൊക്കെ തപസ്സാണ് തപ എന്നുവെച്ചാ ചൂട് മനസ്സിന് ഇന്ദ്രിയങ്ങൾക്കും സ്വാഭാവികമായിട്ട് അഭിവാംചയുള്ള ദിശയിൽ നിന്ന് അതിനെ പുറകോട്ട് വലിച്ചാൽ അതിരി ചൂടുപിടിക്കും അത് തപസ്സാണ് തപ എന്ന് വെച്ചാൽ അഗ്നിയാണ് ബ്രഹ്മാവ് ആദികാലത്തില് ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നും വന്നു എന്ന് ഭാഗവതം പറയുന്നു നാരായണന്റെ നാഭിയില് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ആദ്യം ഉദിച്ചു ഉദിച്ചിട്ട് ചുറ്റും നോക്കുമ്പോ ഒക്കെ കാരണ കാരണോദകം ഒക്കെ ജലമാണ് മുഴുവൻ ജലമാണ് ഒന്നും കാണാനില്ല എന്താ ആദ്യം എന്തോ ഒന്നും കാണാനില്ല ഞാനുണ്ട് എന്നൊരു അനുഭവം മാത്രം ഇണ്ട് അപ്പൊ ബ്രഹ്മാവ് സ്വയം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആരാണ് ഞാൻ ആരാണ് ആദ്യം ചോദിച്ച ആൾ അദ്ദേഹമാണ് ചോദിച്ചു ഞാൻ ആരാണ് ഏഷ അഹം കഹ അപ്പ അദ്ദേഹത്തിന് കഹ എന്ന് തന്നെ പേര് തോന്നു ആര് എന്ന് തന്നെ പേര് പിന്നെ എനിക്കൊന്നും മനസിലാവണല്ലോ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ അശരീരി വാക്ക് കേട്ടു അക്ഷരങ്ങളിൽ യത്ശോഡശം ഏകവിംശം നിഷ്കിഞ്ജനാനാം പരമം യു ധനം വിദുഹു നിഷ്കിഞ്ചനന്മാരായിട്ടുള്ള പരമഹംസന്മാർക്കൊരു ട്രഷർ ഉണ്ട് ഒരു നിധിയുണ്ട് അതെന്താണ് സ്പർശേഷു യോഡശം ഏകവിംശം സ്പർശാക്ഷരങ്ങളില് പതിനാറാമത്തെ അക്ഷരവും ഇരുപത്തിയൊന്നാമത്തെ അക്ഷരവും എന്ന് കേട്ടാണ് തപസ് ചെയ്യും സീക്രട്ട് അതാണെന്ന് എന്ത് കാര്യത്തിനും തപസ് ചെയ്യണം നമ്മളുടെ ഋഷികളുടെ മാർഗം തന്നെ തപസ്സാണ് രാമായണം തുടങ്ങുമ്പോ തപസ് എന്നുള്ള വാക്കോടെയാണ് ആരംഭിക്കണത് ആത്മീകി ആരംഭിക്കണത് തപസ്വാധ്യായനിരതം തപസ്വീവാഗ്വിദാം നാരദം പരിപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം തപസ് അപ്പൊ തപസ് ചെയ്യൂ തപസ് എന്താണ് ഇവിടെ ഭഗവാൻ പറയണത് ഹേ അർജുന ശരീരം കൊണ്ട് തപസ് ചെയ്യൂ വാക്കുകൊണ്ട് തപസ് ചെയ്യൂ മനസ്സുകൊണ്ട് തപസ് ചെയ്യും ുത്തൂജനം ജപ്ചിന്ത കഗദീഷധീയു സേവനം അഷ്ടമൂർത്തിമൃദ്ദേവൂജനം ഉത്തമ സ്തവാദുച്ച മദശ് ചിത്തജം ജപ ധ്യനമുത്ത ആധാരയാ സ്രോതസാസമ സരളചിന്തനം വിരളത്ത പരം ഭേദഭാവന സോഹമിത്സൗ ഭാവനഭിത പാവനീമത ഭാവശൂന്യ സാവസുസ്ഥിതി ഭാവനാ ബലാത് ഭക്തിരുത്തമ ഹൃത് സ്ഥലേ മനസ്സ്വസ്ഥ ഭക്തിയോഗ ബോധാശ്ശ നിശ്ചിതം ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ ഉപദേശസാരത്തില് കായം വാക്ക് മനസ്സ് ഈ മൂന്നിന്റെയും തപസ്സിനെ പറഞ്ഞുകൊണ്ട് വരുന്നു കായ വാങ് മനഃ കാര്യം ശരീരം കൊണ്ട് തപസ് വാക്കുകൊണ്ട് തപസ് മനസ്സുകൊണ്ട് തപസ് ഈ മൂന്നാണ് കായേന് വാച മനസ ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിലടങ്ങി ബുദ്ധിയൊക്കെ അതിലടങ്ങി ശരീരം ഫിസിക്കൽ തപസ് നമ്മളുടെ ലൈഫ് സമഗ്രമായി ഇത് ഇത് നമുക്ക് പ്രായോഗികമായ ശാസ്ത്രം വേണമെന്നൊക്കെ ആളുകൾ ചോദിക്കണു ഈ പ്രായോഗികമാണ് ഇപ്പൊ പറയാൻ പോണത് ഇത് നമുക്ക് പ്രായോഗിക ആക്കണമെങ്കിൽ തമ്മിൽ തന്നെ ലൈഫില് ആണ് ഇതിനെ ഒരു സിസ്റ്റത്തില് കൊണ്ടുവരാനും ഒരു ആർഡർ ഇടാനും ഒരു പതിനഞ്ചു നിമിഷം സന്ധ്യ വന്നിട്ട് ഒഴുകാ പണമെ കൊഞ്ചേരം ഒരു അര നേരം ധ്യാനം പണ്ടത്ത ഉക്കാര പാരായണ ഉറിയലെ അപ്പം എഫ പൂരാട ഭഗവാൻ ശരീരത്തിലി വാക്കിപ്ലി മനസ് ഒരു ഡിസിപ്ലിൻ്റെ മൂന്നും കൊടുക്കുരു പ്രാഗ്ഞനം ശൌചമാർജവം മഹിം ചതാച്ചം തപ ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ് നമ്മ കേ ഉടമ്പുക്ക് ഒരു രുട്ടീൻ വേണം എതാ ഡിസിപ്ലീൻ എല്ലാവർക്കുമേ പിളിന യോഗം അവിടെ ഡിസിപ്ലാ മൂന്ന് വിധ സൂത്രങ്ങൾ ഉണ്ട് യോഗ സൂത്രം ബ്രഹ്മസൂത്രം ധർമ്മസൂത്രം ഭക്തി സൂത്രം നാല് ഇതിലെ നോക്കിയാൽ അതാതോ ധർമ്മ ജിസാം അതാതോ ബ്രഹ്മ ജിജ്ഞാസാം അവിടെ ജിജ്ഞാസാ പദമാണ് ധർമ്മം എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ഞാത്തും ഇച്ഛ അഥാത്ത ബ്രഹ്മ ജിജ്ഞാസ ബ്രഹ്മത്തിനെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഗത്തിന്റെ കാര്യത്തില് അഥ യോഗാനുശാസനം ജിജ്ഞാസയൊന്നുമില്ല പതഞ്ജലി പറയുന്നത് യോഗത്തിനെ ഞാൻ ഇതാ ഓർഡർ അനുശാസിക്കുന്നു ഡിസിപ്ലിനാണ് നീ ഇങ്ങനെ ചെയ്താകണം ഇന്ന പോലെ ചെയ്യണം യോഗശിത്തവൃത്തി നിരോധ അതുപോലെ ഇവിടെ ശരീരത്തിന് ഒരു അനുശാസനം ഭഗവാൻ തരാണ് ശരീരം എങ്ങനെ ഇരിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് ഫെയിലുവർ ആവുമ്പോൾ അറിയാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്നാണ് വലിയ വിഷമമൊന്നുമില്ല ഒരു അലാം വെച്ച നാലുമണിക്ക് അലാം വെച്ചു എണീക്കാൻ അലാം കൃത്യമായിട്ട് നാലുമണിക്ക് കിറന്നടിക്കും എണിക്കുവോ ചിലപ്പോ എണിക്കും പഴക്കുണ്ടെങ്കിൽ എണിക്കും അല്ലെങ്കിൽ ഒരു ആശീർവാദം ടൈം പീസിന്റെ മേലെ വെച്ചിട്ട് തിരിഞ്ഞ് കിടക്കും അല്ലേ എന്റെ നമ്മളുടെ ശരീരം പറഞ്ഞാൽ കേൾക്കണില്ല അപ്പൊ അറിയാം ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് കിങ്ഡം ആണ് രാജ്യം പിടിച്ചടക്കുന്നതിന് ബുദ്ധിമുട്ടാണ് ഒരാളെ വശത്ത് കൊണ്ടുവരാൻ തപസ് വേണ്ടി വരും അപ്പോഴാണ് അറിയ ദീർഘകാല നൈരന്ത സത്കാരാദരാസേ വിഡഭൂമി എക്സസൈസ് എല്ലാവരും അവിടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് എന്താ ഈ ട്രെഡ് മിൽ ഇങ്ങനെയൊരു സാധനം എന്തോ ഇങ്ങനെ നടക്കാൻ പോവാൻ അതുകൊണ്ട് അത് വാങ്ങിച്ചു എത്രയോ രൂപ കൊടുത്ത് വാങ്ങിച്ചു ഒരു ദിവസം ഗംഭീരമായിട്ട് ചെയ്തു രണ്ടാമത്തെ ദിവസം അവിടെ കിടക്കും വാക്കിംഗ് പോവാന്ന് പറഞ്ഞ് പോയി ഒരു ദിവസം പോയി രണ്ടാമത്തെ ദിവസം പോയി മൂന്നാമത്തെ ദിവസം കുറഞ്ഞു നാലാമത്തെ ദിവസം നിന്നു സിമ്പിൾ കാര്യം ഫിസിക്കൽ എക്സസൈസ് രാവിലെ സമയത്തിന് എഴുന്നേക്കാന്ന് പറയണത് ഉറങ്ങാന്ന് പറയണത് നമ്മൾക്ക് പറ്റണില്ല ഇന്ന ഭക്ഷണം കഴിക്കില്ലാന്ന് പറഞ്ഞാൽ അത് തന്നെ കഴിക്കും എന്റെ ശരീരം പറഞ്ഞാൽ കേൾക്കണം അതുകൊണ്ടാണ് ഋഷികൾ മനസ്സിലാക്കിയിട്ട് പരമ്പര പരമ്പരയായിട്ട് ജനറ്റിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്തത് നമ്മളുടെ ഋഷികൾ പ്രായോഗികമായിട്ട് ചെയ്തു മാസിഡോണിയൻ കൾച്ചറില് പ്ലാറ്റോ ഒക്കെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു അവര് ഇങ്ങനെ സാധിക്കുവോന്ന് നോക്കിയവര് അതായത് ഇപ്പൊ തന്നെ പലരും കൺവേർഷൻ ചെയ്യണവരൊക്കെ പറയണത് ഇപ്പൊ കൺവേർട്ട് ചെയ്താൽ അവരൊന്നും ഫുള്ളാവില്ല പക്ഷെ അടുത്ത ജനറേഷൻ അടുത്ത ജനറേഷൻ ഇതിന്റെ ഉള്ളിൽ വരും അതുപോലെ ഒരു മാംസം ഭക്ഷിക്കുന്ന മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമുണ്ട് ാലം കഴിച്ചു പഴകിയതാ നേരെ മറിച്ച് മാംസം കഴിക്കാതെ ജനിച്ച കുടുംബത്തിലുള്ള ആൾക്ക് അതിന്റെ വിഷമമേ അറിയില്ല എന്തേ ആ ഉപാധി തന്നെ അവിടെ ജനിച്ചു എത്ര വലിയ ഉപഹാരം നോക്കൂ കാപ്പി കുടിക്കണത് പഴകിയ ആൾക്ക് കാപ്പി വിടാൻ വയ്യ കുട്ടിക്കാലം മുതൽ അച്ഛനമ്മ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ അവർക്ക് ആ വിഷമേ അറിയില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയില് ക്ഷേത്രമെന്നീ ശരീരത്തിന് പറഞ്ഞത് വയലാണത് ഈ വയല് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ത്രൂ ജനറേഷൻസ് പ്രിപ്പയർ ചെയ്യാനാണ് ഋഷികള് കുറച്ചു പേരെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് വേദാധ്യയനം ചെയ്യണവരെ മുഖ്യമായി കണിഷമായി നിയമിച്ച് ഇങ്ങനെ ഇരിക്കണം ഇതിന്റെ ഉള്ളിലിരിക്കണം ഈ നാട് വിട്ട് പോകരുത് ഈ രാജ്യം വിട്ട് പുറത്ത് പോകരുത് കടല് തരണം ചെയ്യരുത് ഇന്ന ആളുകളുമായിട്ട് സമ്പർക്കരുത് ഇതൊക്കെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവരുടെ ഉദ്ദേശം മനുഷ്യന്റെ സ്വാർത്ഥത അതിനെ ദുരുപയോഗപ്പെടുത്തിയ കാര്യം വരെ അവരുടെ ഉദ്ദേശം കൾച്ചറൽ കണ്ടാമിനേഷൻ ഇല്ലാതെ കുറച്ചുപേരെ ത്രൂ ജനറേഷൻസ് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമായിരുന്നു അത് ഫലിച്ചു എന്നുള്ളത് ഇത്രയധികം മഹാപുരുഷന്മാർ ഇവിടെ ജനിച്ചത് കൊണ്ട് തന്നെ തെളിവാണത് ജനറേഷൻസ് ആണ് അപ്പം എന്താന്ന് വെച്ചാൽ ഒരു ശരീരം കൊണ്ട് സാധിക്കാത്ത തപസ് ജനറേഷൻസ് കൊണ്ട് സാധിക്കും അതുകൊണ്ട് പറയും വശിഷ്ഠൻ ശക്തി പരാശരൻ വ്യാസൻ ആ ജനറേഷൻ പരമ്പര ഉണ്ടല്ലോ ശുഗനിൽ വരുമ്പോഴാണ് കംപ്ലീറ്റ് ആവണത് എന്താന്ന് വെച്ചാൽ ജനിക്കുമ്പോ തന്നെ പൂർണ്ണമായിട്ട് ജനിച്ചു അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഭഗവാൻ ഗീതയിൽ പറഞ്ഞു യോഗികളുടെ കുലത്തിൽ പോയി ജനിക്കണെന്നാണ് എന്താന്ന് വെച്ചാൽ ജനിക്കുമ്പോ തന്നെ ആ ഫീൽഡ് ഉപാധി തന്നെ വളരെയധികം ലാഘവം കൊടുക്കണം വിഷമല്ല താറുമാറായ ജീവിതമുള്ള ഒരു ഒരു സംസ്കാരമുള്ള ഒരു കൾച്ചറിൽ പോയി ജനിച്ചിട്ട് എത്ര വെസ്റ്റേണേഴ്സ് എത്ര ബുദ്ധിമുട്ടണോ അറിയോ തിരുവണ്ണാമല യൂണിവേഴ്സിറ്റിയാണ് അരുണാചലം അതുകൊണ്ട് എല്ലാ കൾച്ചറിലുള്ളവരും അവിടെ വരും ഞങ്ങൾ എല്ലാ ടൈപ്പിലുള്ള ആളുകളെയും കാണും അപ്പോഴറിയാം നമ്മളുടെ ബെനിഫിറ്റ് എന്താണെന്ന് അസ്മത് ദേശപ്രസൂതസ് എന്ന് മനു പറയണത് എത്ര വലിയ കാര്യമാണെന്ന് അപ്പറിയാം എന്തൊക്കെ തന്നെ അവർ ധ്യാനിച്ചാലും തപസ് ചെയ്താലും ഒരു വരമ്പ് അവരുടെ മുമ്പിൽ അങ്ങോട്ട് കടക്കാൻ കഴിയാത്തൊരു വശമുണ്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ ആ ജീനില് തന്നെ ഉണ്ട് ബുദ്ധിമുട്ട് ഒരു കുഞ്ഞു വന്ന് ജനിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് ജനിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ജനിക്കണത് ഞാനിത് അവിടെ വന്നിരിക്കണോ എനിക്ക് രക്ഷിക്കാൻ വഴി കാണിച്ചു തരുമെന്നാണ് പരമ്പര പരമ്പരയായിട്ട് സംരക്ഷിച്ചുകൊണ്ട് വന്നു യോഗത്തിന് അതിന്റെ ഭാഗം ആയിട്ട് ഉണ്ടായിരുന്ന തപസ്സിനെയൊക്കെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ശരീരം കൊണ്ട് നിർവർത്തിപ്പിക്കേണ്ട ചില തപസ് ദേവ ഗുരു പ്രാജ്ഞ പൂജനം ദേവപൂജനം ബ്രാഹ്മണ പൂജനം ഗുരുപൂജനം ജ്ഞാനികളെ പൂജിക്കല് ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചം ശുചിത്വം ആർജവം സ്ട്രേറ്റ് ഫോർവേഡായിട്ടുള്ളത് ബ്രഹ്മചര്യം ശരീരത്തിന്റെ ബ്രഹ്മചര്യം അഹിംസ ആരെയും ഉപദ്രവിക്കാതിരിക്കല് ഇതൊക്കെ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സാണ് അർജുന ഇതിലൊക്കെ നോക്ക ചെയ്യേണ്ടതൊരു വശം ചെയ്യാതിരിക്കേണ്ടതൊരു വശം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പൂജനം ദേവദ്വിജ ഗുരുപ്രാജ്ഞ ആദരവ് കാണിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കാനേ പാടില്ല ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുൾനെസ് റവറൻസ് മനുഷ്യന്റെ മഹത്വത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അത് ആദരവെന്ന് പ്രണയത്ത് അതെവിടെയൊക്കെ ചെയ്യണം ദേവപൂജനം ദേവപൂജ എല്ലാവർക്കും ഉള്ളതാണ് പഴയ കാലത്ത് എല്ലാ വീടുകളിലും ദേവപൂജ ഉണ്ടാവും കേരളത്തിലൊക്കെ തന്നെ ഓരോരോ വീടുകളിലും അവിടെ എവിടെ തന്നെ അമ്പലമൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്പൂരിമാരുടെ ഇല്ലങ്ങളിലാണെങ്കിൽ അവിടെ തന്നെ പൂജയ്ക്ക് അമ്പലങ്ങളുണ്ടാവും സ്നാനത്തിന് കൊള്ള ഉണ്ടാവും ഒരു ജീവിതം മുഴുവനും തപസ് ചെയ്ത് കഴിയാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ അതിനകത്തുണ്ട് ദേവപൂജനം നമ്മ സമ്പ്രദായത്തിൽ ഈ തന്ത്ര പഞ്ചായത്തനം പൂജ ശിവപൂജ സാളഗ്രാമപൂജ സമ്പ്രദായമാ വെച്ചിട്ടുണ്ട് നിത്യപൂജ ദേവപൂജ ശരീരത്തിന്റെ ഡിസിപ്ലിനെ ഒരു കാര്യമാണത് ഭഗവതാരാധനാലക്ഷണോ ധർമ്മ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ശരീരങ്ങനെ ആ സമ്പ്രദായത്തിൽ പരം പരിചയം വന്ന ആളുകൾക്ക് പുഷ്പെടുത്തുകൊണ്ട് വരിക ജലം കൊണ്ടുവന്ന് വെക്ക തുടച്ചു വൃത്തിയാക്കുക അഭിഷേകം ചെയ്യ നിർമാല്യം ചെയ്യ അഭിഷേകം ചെയ്യ ചന്ദന ഇടുക പുഷ്പാർച്ചന ചെയ്യ ഭഗവാനെ സ്തുതിക്ക അതിനോടുകൂടെ പാരായണം ചെയ്യുക ഇങ്ങനെ കുറെ സമയം പോവും ദേവപൂജനം ഇത് നിത്യകർമാനുഷ്ഠാനത്തിലൊരു കാര്യമാണ് ശരിക്കും നിത്യകർമാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരുന്ന വേറെ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല സന്ധ്യാവന്തനം ദേവപൂജ ഇതൊക്കെ കുറെ ഒക്കെ നമ്മള് ഉള്ളിൽ പഴകിവെച്ചാൽ അറ്റ്ലീസ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ആവുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമൊന്നും ഉണ്ടാവില്ല വീട്ടില് ടി വി ഒന്നും ആവശ്യമേ ഇല്ല ടെലിവിഷൻ ഒന്നും വേണ്ട യു ഹാവ് ഇന്നർ വിഷൻ ഒരു ഹയ്യർ വിഷൻ ഉണ്ട് അവിടെ പിന്നെ എന്തിനാ അതൊന്നും വേണ്ട ഭഗവാൻ പൂജ ചെയ്യണു അതിനുള്ളിൽ തന്നെ പാരായണം ഈ പൂജ ചെയ്യുമ്പോ എന്തൊക്കെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പൂജയുടെ കൂടെ സ്തുതി പൂജയുടെ കൂടെ നമസ്കാരം പൂജയുടെ കൂടെ സദ്ഗ്രന്ഥ പാരായണം പൂജയുടെ കൂടെ ജപം പൂജയുടെ കൂടെ ധ്യാനം എല്ലാം അതിനുള്ളിൽ തന്നെ വരും എക്സസൈസും അതിനകത്ത് വരും പ്രദക്ഷിണ അതിനകത്ത് വരും നമസ്കാരം ഇതിനകത്ത് വരും ധ്യാനം അതിനകത്ത് വരും സദ്ഗ്രന്ഥ പാരായണം അതിനകത്ത് വരും ദേവപൂജ പക്ഷേ ദേവപൂജയുടെ ഭാഗമായിട്ട് ദേവപൂജ ഭാഗവതം പറഞ്ഞു വീട്ടിലെ ഉള്ള സകല പ്രാണികൾക്കും പൂജ ചെയ്യണം സർവേഷു ഭൂതേഷു കൃതാലയം ഈ ശരീര എല്ലാ പ്രാണികളുണ്ട് കാക്കയ്ക്ക് അന്നം കൊടുക്കണതും ദേവപൂജയാണ് അണ്ണാനും എലിക്കുമൊക്കെ അന്നം കൊടുക്കുന്നതും ദേവപൂജയാണ് പശുവിന് പുല്ലുകൊടുക്കുന്നതും ദേവപൂജ എന്ത് സംസ്കാരം അറിയോ വീട്ടിൽ പശുണ്ടാവും രാവിലെ എണീറ്റാൽ പശുവിന് പുല്ലുകൊടുക്കുക എന്നുള്ളത് ഒരു നിത്യാനുഷ്ഠാനാണ് ഭഗവാൻ രമണ ഭഗവാൻ ദിവസം ഗോശാലയ്ക്ക് പോയി പശുവിനെ തൊട്ട് തടവി പശുവിന് പുല്ലുകൊടുത്ത് അതിനെ ഒക്കെ ലാളിച്ചിട്ട് വരും എന്തുണ്ടെങ്കിൽ ആ ഡെയിലി ഡിസിപ്ലിൻ ഇതൊക്കെ ഡെയിലി ഒരേ നടക്കും ഗോപൂജ എന്നുള്ളത് ദിവസ അനുഷ്ഠാനങ്ങളിലൊരു കാര്യമാണ് അത് അനുഷ്ഠാനത്തിൽ ചെയ്യാൻ ഇപ്പൊ നമ്മൾ ഒരു പശുവിൻ്റെ ഇപ്പോ പുതിയ ഒരു സമ്പ്രദായം വന്നത് ഇപ്പൊ നമ്മൾ ശാസ്ത്രം എന്നാ ഗോദാനം കൊടുക്കണം ഗോദാനം കൊടുക്കു മുടിയല്ലാ പണമില്ല അത് കാലത്തിൽ മുടിലയ തേങ്ങ ശാസ്ത്രം ശാസ്ത്രം തേങ്ങ അത് പണത്തെ കൊടുത്ത് തേങ്ങ ഇത് പശുവ കൊടുക്ക പശുക്ക് ത പോയിനും ോക്ക് പോയി പൂജ പോ പൂജയും ചേർത്തി അത് അന്തര്യമിയാ ഭഗവാൻ സർവപ്രാണികൾക്കുള്ള അന്തര്യാമിയ പാക ദേവ പൂജ ഭാഗവതത്തിലെ മുടിവിലെ ഭഗവാന് ഉദ്ധർക്ക് ഉപദേശം പണ്ട അവസാനായിട്ട് ഭഗവാന് പറഞ്ഞു ഹേ ഉദ്ധ എല്ലാം പുൽകസേ സ്തേനെ ബ്രഹ്മണ്േ അർക്കെ സ്ഫുലിംഗകെ അക്രൂരെ ക്രൂരകെ ജൈവ സമദൃക് പണ്ഡിതോ മത വിസൃജ്യ സ്മയമാനാൻ സ്വാൻ ദൃശം വരീടാം ചൈഹികീം പ്രണമേത് ദണ്ഡവത് ഭൂമൗ ആശ്വചാണ്ടാള ഗോഃഖരം എല്ലാ പ്രാണികളുടെ ഉള്ളിലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാനെ കണ്ട് നമസ്കരിക്കാം ഇതൊക്കെ നിത്യദേവ പൂജയുടെ ഭാഗമാണ് തുളസിയെ ആരാധിക്കാം തുളസി വെച്ച് അമേരിക്കയിൽ ഞങ്ങള് ദിവസം തുളസി തുളസി അവിടെ ബേസിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് വരും അത് തുളസി അല്ല അപ്പൊ ഒരു അമ്മ പറഞ്ഞു തുളസിയെ കിടക്കമാട്ടേങ്കരുത് പ്ലാസ്റ്റിക്കില് വെച്ചോണ്ടിരിക്കുന്നു ഒരാള് ദിവസം രാവിലെ എണീറ്റാൽ ബർമഡോസ് ഒരു ഓസ് വെച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കും ദിവസം അടുത്ത വീട്ടിലുള്ള ആള് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു ദിവസം അയാള് വന്ന് ചോദിച്ചു നിങ്ങളുടെ ഓസില് വെള്ളമേ വരണില്ല എങ്ങനെ പിടിച്ചോണ്ട് അരമണിക്കൂർ അരമണിക്കൂർ അതേ ഒരു ഡിസിപ്ലിൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കണം ഇതേ ഓസിൽ വെള്ളമേ വരണില്ലല്ലോ വെള്ളമേ വളരെ കുറച്ചേ കിട്ടുന്നു ഓസ് നോക്കുന്നു ഓസില് ഓട്ടേ ഇല്ല പിന്നെ എന്താ വെള്ളം അല്ല ചെടികൾ നോക്കൂ ചെടികളൊക്കെ സിന്തറ്റിക് ആണ് സിന്ത ചെടികളൊക്കെ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ചെടിക്ക് വെള്ളമില്ലാത്ത ഓസ ഇതാണ് മോഡേൺ ലൈഫ്